ർശന വികാര സമൃദ്ധി മാപ്പനാദിയായി ോന്ന വിശേഷ നിരാകരണം അവഗന്ധം കഴിഞ്ഞ ദിവസം പറഞ്ഞു വിദ്വാന്മാരുടെ പുഷ്ടി അനുഭവം ശാന്തി ആനന്ദം സമാധാനം എന്താണ് സമസ്വരൂപമാണ് അവരറിയുന്ന തത്വം അതുകൊണ്ട് അവർക്ക് ശാന്തിയുണ്ട് ആനന്ദ സ്വരൂപമാണ് അവരറിയുന്ന തത്വം ന്യമല്ല അതുകൊണ്ട് അവർക്ക് ആനന്ദമുണ്ട് ആ രീതിയിലാണ് അത് വിശദീകരിച്ചത് അപ്പോൾ ഇവിടെ പറയുന്ന വിശേഷ നിരാകരണ സ്തുതികൾ കുറിച്ചാണ് വിശേഷ നിരാകരണം അതായത് തത്വത്തിൽ വിശേഷം അനന്ത ശക്തി യോഗം ഒന്നുമില്ല സർവജ്ഞത്വം സർവകർത്തൃത്വം എന്നെല്ലാം ആരോപിക്കുന്ന വിശേഷതകളൊന്നുമില്ല തത്വം നിർഗുണമാണ് നിരാകാരമാണ് നിശ്ചലമാണ് ശാന്തമാണ് അദ്വൈമാണ് ശിവമാണ് ഇങ്ങനെയെല്ലാം ശ്രുതി പറയുന്നു അപ്പം അതിൽ വേറൊന്നും ആരോപിക്കാൻ സാധ്യമല്ല ാണ് തത്വം വിശേഷ നിരാകരണ ശ്രുതി വിശേഷ നിരാകരണം എന്നതുകൊണ്ട് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുക എന്നുള്ളത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും ഈശ്വരനെ നിഷേധിക്കാം ഈശ്വരനെ നിഷേധിക്കാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് നാസ്തികന്റെ ഈശ്വരൻ നിഷേധം പോലെ അല്ല മറിച്ച് എന്താണ് എന്താണ് ഈശ്വരന്റെ നിഷേധം എന്ന് പറഞ്ഞ എന്ത് മനസ്സിലാക്കി ആ അത് തന്നെ ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുകയാണ് അത് അവിടെ ഈശ്വര തത്വം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് ഇതാണ് തത്വം പക്ഷെ അത് അങ്ങനെ ഒരു തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പലതും നിഷേധിക്കേണ്ടി വരും അങ്ങനെ നിഷേധിക്കുന്നത് സാധാരണ മനുഷ്യന് ആസ്തികന്മാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് കൃഷിക്കാരൻ്റെ ഏതൊരു ബൗദ്ധികമായ നിലയിൽ നിന്നോ താത്വികമായ നിലയിൽ നിന്നാണോ അത് നിർവഹിച്ചത് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിയുള്ളവർക്കും പറ്റില്ല അപ്പം പിന്നെ ബുദ്ധി ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യം അതാണ് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാരെല്ലാം പക്ഷിക്കാരൻ ആചാര്യന്മാർ സാധാരണക്കാരന് എല്ലാവരും ഭാഷക്കാരൻ ചങ്കരൻ എന്നേ പറയും അതിൽ അല്പം ബഹുമാനം ചേർക്കാതെ ഇതിനോട് യോജിക്കാൻ വയ്യാത്ത ആചാര്യന്മാർ അദ്വൈത പരമ്പരയിലുള്ളവരെല്ലാം മറ്റ് പരമ്പരകളിലുള്ളവരെല്ലാം വരും ചങ്കരനാണ് അവർക്കൊട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിശേഷ നിരാകരണം തത്വം ഇങ്ങനെയുള്ള യാതൊരു വിശേഷണങ്ങളും യോജിപ്പിക്കാൻ വയ്യാത്തതാണെന്ന് പറയുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന അതേ മനോഭാവം തന്നെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മനസ്സ് ശീലിച്ചതും പരിചയിച്ചതുമായ കാര്യങ്ങളിൽ നിന്നും പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഭാഷകാര അങ്ങനെ പറയുമ്പോൾ നമുക്കതല്ലേ പറയാൻ പറ്റുമോ നമ്മളത് വിശദീകരിക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല മഗ്നസ് അബ്ദവും യഥാക്ഷീണി വിഹുലാനി തഥാസ്യഥി അഖണ്ഡരസം ശ്രുത്വ നിഷ്പ്രചാര സംഭവമാണ് ഇപ്പോൾ പുതിയൊരു കാര്യമൊന്നുമില്ല ഈശ്വരനെ നിരാകരിക്കുന്ന കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്നു മനസ്സിൽ മഗ്നസ്യ അബ്ദവും മഗ്നസ്യ കടലിൽ മുങ്ങി ഒരാള് നീന്തൽ അറിയില്ല ഒരാള് കടലിൽ മുങ്ങിപ്പോയി നീന്തലും അറിയത്തില്ല എന്ത് സംഭവിക്കുന്നു യഥാ അക്ഷീണി വിഹ്വലാനി പറയുന്നു അങ്ങനെയാണോ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടിതെറ്റുന്നത് അല്ലേ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് അപ്പോൾ എത്രമാത്രം അത് സംഭ്രമിക്കുന്നു മരണത്തെ മുന്നിൽ കാണുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം വളരെ വിഹുവലമാകും തഥാസ്ഥിതി അതുപോലെ തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ബുദ്ധി വളരെ വിഹുലമാകുന്നു എന്നാണ് ഇത് ആചാര്യന്മാരെ അറിയാതെ പറഞ്ഞ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാണ് മനസ്സ് വളരെയധികം വിഹുലമാകുന്നു അവൻ്റെ ധാരണകൾക്കും അവൻ്റെ മുൻവിധികൾക്കും എതിരായി സംസാരിക്കുമ്പോൾ കൊല്ലാതെ ഏറ്റവും വലിയ ഭാഗ്യം പറയുന്നവൻ്റെ തഥാശ്യഥി അവൻ്റെ ബുദ്ധി അതുപോലെ ഒരവസ്ഥയെ പ്രാപിക്കും സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ ബുദ്ധി ഏതിലാണോ ഉറച്ചിരിക്കുന്നത് അതിനാണ് നിഷേധിക്കുന്നത് ഈ പ്രകടനത്തിൽ മുഴുവൻ അതാണ് ചെയ്യുന്നു കേൾക്കുന്നുവന് തോന്നൂ തന്നോട് എന്തോരപരാധം ചെയ്തു ഈശ്വരനോട് എന്തോരപരാധം ചെയ്തു ചെയ്യുന്നവൻ മഹാപരാധിയാണ് അതാണ് അഖണ്ഡേകരസം ശ്രുത്വ സത്യം അതാണ് അഖണ്ഡേകരസമാണ് ഏകരസം എന്ന് പറഞ്ഞാൽ എന്താ ഏകരസം എന്ന് പറഞ്ഞാൽ എന്താ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഏകരസം ഏകരസം എന്താ പല പല തവണ വന്നിട്ടുള്ളതാണ് ഏകരസം ഏകസ്വഭാവം അഖണ്ഡമായ ഏകസ്വഭാവമാണത് രസം എന്ന് വെച്ച സ്വഭാവം അതിനെ ഒരു തരത്തിലും ഉപാധികൾ കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ സ്വഭാവം അതിന് അഖണ്ഡ ഏക രസം ശ്രുത്വ ആദ്യം അവൻ വിഹ്വലനാകുന്നു പിന്നീട് എന്ത് സംഭവിക്കുന്നു നിഷ്പ്രചാര ഭവ്യഥ ഇതെല്ലാം കേട്ടിട്ട് അവൻ്റെ മനസ്സ് സ്തംഭിച്ചു മനസ്സ് സ്തംഭിച്ചു പോകുന്ന അതുകൊണ്ടാണ് അങ്ങനെ മനസ്സ് സ്തംഭിച്ച അവസ്ഥയിലാണ് അവർ ശങ്കരൻ എന്ന് പറയുന്നത് യാതൊരു ബഹുമാനമുണ്ടാവും സഹിക്കുന്ന സഹിക്കാവുന്നതിനപ്പുറമാണോ അത് പക്ഷെ പറയുന്നത് എന്താ പരമാർത്ഥമായ തത്വമാണ് സത്യമാണ് പറയുന്നത് പക്ഷെ മനുഷ്യന്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് അതിൻ്റെ സ്ഥിതി വിശേഷ നിരാകരണം എന്ന് പറയുമ്പോൾ അപ്പോൾ ആരെയും ഇതിന് കുറ്റം പറയാൻ പറ്റില്ല അത് ഉൾക്കൊള്ളുന്നതിനുള്ള പരിപാകമായില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അതിനുള്ള പരിപക്വത ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ സംഭവിക്കും അത് വിഹുവലമാകും നിഷ്പ്രചാരമാകും സ്തംഭിച്ചു പോകും എന്തോ ഈ പറയുന്നതെന്ന് അത്ഭുതം കൂറും അതുതന്നെയാണ് ഭാഷകാരൻ കൂടെ ഇതിൻ്റെ ഒരു ഒരു ഉപസംഹാരം പഴയ കാര്യങ്ങളൊന്നും കൂടെ ആവർത്തിക്കുകയാണ് വീണ്ടും അത് പറയുന്നു എന്ത് ചെയ്യുന്നു വികാര അനർഥ അഭിസന്ധി അപവാദ വികാര അനർത്ഥം വികാരങ്ങൾ അതെല്ലാം അനർത്ഥങ്ങളാണ് അസത്യമാണ് മനസ്സ് വ്യാകുലപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ സ്തംഭിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല പറയുന്നത് സത്യമാണ് തത്വത്തിൽ യാതൊരു തരത്തിലുള്ള ഉപാധികളും വാസ്തവത്തിലില്ല സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ ഉപാധികളൊന്നും പരമാർത്ഥത്തിലില്ല ഈശ്വരൻ എന്ന് പറയുന്ന അതാണ് ഇത് ഒന്നുകൂടി അവിടെ മനസ്സിലാക്കണം ഈ പറയുന്നത് തത്വത്തെ കുറിച്ച് പറയുന്നിടത്താണ് എന്താണ് പരമാർത്ഥം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ ഇങ്ങനെ പറയുന്നത് മറിച്ച് അനേക ശക്തി യോഗത്തെ കുറിച്ചൊക്കെ പറയുന്നു എവിടെ എവിടെയാണ് അത് പറയുന്നത് അതന്നെ അത് പറയേണ്ട ആവശ്യം വരുന്നേപ്പോ ആ അത് ഈ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അവൻ ഈ പറഞ്ഞതുപോലെ എന്താണോ നിഷ്പ്രചാരം അവന്റെ ബുദ്ധി സ്തംഭിച്ചു അവൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങൾ കർണങ്ങളെല്ലാം വിഘുവലങ്ങളാകുന്നു അവൻ ഭയക്കുന്നു അവൻ വെറുക്കുന്നു അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ വിദ്വേഷം വരുന്നു ഇതെല്ലാം സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ വരുന്നു ഇവനോടൊത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവന ഇതൊന്നും ബോധിപ്പിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ അവന് എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള സ്വാഭാവികമായ തത്വത്തെ ഉപാസിക്കുന്നതിനോട് പറയുന്നു അപ്പം നിരാകരിക്കുകയെന്ന് പറയുന്നത് അതിൻ്റെ പരമാർത്ഥത്തെ പറയുമ്പോഴാണ് നിരാകരിക്കുന്നത് പിന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് അവിടെ അതിൻ്റെ മറ്റുപാസനാഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൂടും തത്വത്തെ വിശദീകരിക്കുമ്പോൾ അവിടെ അറിവിന് പ്രാച പ്രാധാന്യം കൂടും പക്ഷെ അത് ഇവനു യോഗ്യതയില്ലാത്തവനാണോ കഴിവില്ലാത്തവനാണോ ഇവൻ പേടിക്കുന്നവനാണോ ഇവൻ ഉപയോഗമില്ലാത്തവനാണോ എന്ന് കരുതി തത്വം പറയാതിരിക്കുന്നുണ്ട് അത് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ അറിവും ആചാരവും ഏത് സമയവും പരിഷ്കരിക്കപ്പെടേണ്ടതാണ് അത് എല്ലാ ആചാര്യന്മാരുടെയും സിദ്ധാന്തത്തിൽ പെടുന്ന കാര്യമാണ് ഏത് സമയം അത് പുതുക്കിക്കൊണ്ടിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ആചാരങ്ങൾ ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആചാരങ്ങൾ എന്താണ് ത്യാഗം സമർപ്പണം ഗുരുഭക്തി സേവനം ഇതെല്ലാം ചേർന്നുള്ളൊരു വ്രത ഇതൊന്നും ലോകത്ത് പുറമേ കിട്ടത്തില്ല ഇവിടെ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റൂ ലോകത്തൊരിടത്തും ഇത് കാണത്തില്ല ഇത് എന്താണ് അനൗപമ്യമാണ് ഇതിനെ വേറെ ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേ കാണത്തുള്ളൂ ഇങ്ങനെയുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ മാത്രമേ മനുഷ്യന് ഇത്തരം വ്രതനിഷ്ഠയോടുകൂടി ജീവിക്കത്തുള്ളൂ പുറത്ത് ഇത് അസ അങ്ങനെ ജീവിക്കാൻ പറ്റാത്തതാണ് ആഗ്രഹമുള്ളവർ കാണും അപ്പോൾ അവിടുത്തെ വ്യവഹാര കോലാഹലങ്ങളിൽ തട്ടിലും മുട്ടലുമൊക്കെ വ്രതങ്ങൾ ജീവിതം നിഷ്ഠയായി പരിപാലിച്ചു പോകാൻ കഴിയത്തില്ല ഇങ്ങനൊരു പ്രത്യേക ഒരു ആധ്യാത്മിക ശക്തി കേന്ദ്രത്തിൽ ഒരാൾക്കിതൊക്കെ അവരവരുടെ ശക്തിക്കനുസരിച്ച് പരിപാലിച്ചു പോകാൻ കഴിയുന്നുണ്ട് പുറമേ ഉള്ളവർക്കത് മനസ്സിലാകത്തി പക്ഷേ അങ്ങനെ ഇത് പരിപാലിച്ച് പോകുമ്പോഴും ഒരാൾക്കെന്ത് വേണം ആത്മവിമർശനം എപ്പോഴത് എന്താണ് എപ്പോഴും അതയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു ഏത് സമയം ആത്മവിമർശനം എന്ന് പറയുമ്പോൾ അത് സ്വയം ഒരു കുറ്റപ്പെടുത്തലല്ല നമ്മളതാണ് ചെയ്യുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്തെങ്കിലും വൈറസ് ആക്രമണമുണ്ടോ ആന്റിവൈറസ് ഒക്കെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം നല്ല ഫയർവാളെല്ലാം വേണം ഏത് സമയം സൈബർ അറ്റാക്ക് ഉണ്ടാകും അപ്പം അതിനുവേണ്ടി ഏത് സമയം എന്ത് ചെയ്യണം അലംഭാവം എല്ലാം ശരിയായി എന്നാർക്കും കരുതാൻ പറ്റില്ല ഒരു തപസ്സിക്കും കരുതാൻ പറ്റില്ല അതാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഈ തപസിമാർ തലവുത്തി വീഴുന്ന കാണിച്ചു കൊണ്ടിരിക്കുന്നു ഭയങ്കര ഋഷിമാരെന്നൊക്കെ പറയുന്നവർ പലപ്പോഴും നമ്മളെക്കാളും മഹാകഷ്ടമാണ് എന്നെക്കാളും മോശമാണോ എന്ന് ചിന്തിക്കേണ്ട ഋഷിമാർ ഒരുപാട് പേരുണ്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അല്ലേ പുരാണങ്ങളൊക്കെ വായിച്ചാൽ എന്തെല്ലാം വൃത്തികേടുകൾ അവരൊക്കെ കാണിക്കുന്നു ആ കഥകളൊക്കെ പറയുന്ന ഇതുകൊണ്ടാണ് മനുഷ്യനൊരിക്കലും അലംഭാവം പാടില്ല നമ്മുടെ ജീവിതം വൃത്തനിഷ്ഠയൊക്കെ വളരെ മഹത്വമുള്ളതാണ് ഒരു സംശയമില്ല എന്നാലും ഉള്ളിലിരിക്കുന്നതെല്ലാം വലിച്ച് പുറത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വീണ്ടും അകത്തേക്ക് വയ്ക്കണം അപ്പം അതൊരു സ്വയം കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ആത്മനിന്ദയോ ഒന്നും അല്ല അങ്ങനെയൊന്നും ഒരിക്കലും കാണാൻ പാടില്ല അതൊരാത്മപരിശോധനയാണ് ആത്മവിമർശനമാണ് അതൊരാത്മശുദ്ധീകരണമാണ് അത് നമ്മുടെ ആചര ആചാര ആചരണങ്ങളിൽ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിലെല്ലാം ഇത് നിരന്തരം വേണ്ടതാണ് എന്നാലും ഒരാൾക്ക് നിന്ന നിലയിൽ പോകാൻ കഴിയും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും നിന്ന നിലയിൽ പോകുന്നതല്ല വലിയൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മചര്യം സന്യാസം ഇങ്ങനെയൊക്കെയുള്ള ജീവിത വ്രതങ്ങൾ സ്വീകരിക്കും അതിൻ്റെ ശരിയായ വശങ്ങൾ പറഞ്ഞാൽ അതാണ് പിന്നെ അതിനൊന്നും ദുരഭിമാനം വരാതിരിക്കാനും അതിനൊന്നും അന്തസ്സാരശൂന്യങ്ങളായ സങ്കല്പങ്ങൾ നിലനിർത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ചിലപ്പം നമ്മൾ അതിനെ തന്നെ വിമർശിക്കുന്നു അത് എന്തിനാണ് ഇതിൻ്റെ ആവേശം അപ്പം എന്തായാലും ശരി അവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് സ്വയം അവനവൻ്റെ മഹത്വത്തെ തിരിച്ചറിയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ആ മഹത്വത്തെ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുമ്പോഴാണ് ആ മൂല്യ നവീകരണത്തിനുള്ള ശ്രമം ഒരാളുള്ളിൽ നിന്നുണ്ടാകും അപ്പോൾ അയാളുടെ ആത്മവിമർശനവും വരും ഇതന്നെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ളതാണ് നമ്മളൊരിക്കലും മോശക്കാരാണെന്ന് ധരിക്കരുത് നമ്മുടെ മൂല്യത്തിന് സമാനമായ മൂല്യതയുള്ള ലോകത്തൊന്നുമില്ല ഒരു മനുഷ്യജീവിതത്തിൽ അസാധ്യമായ ഒരു പന്ഥാവിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പരമാർത്ഥമാണ് പക്ഷെ എന്ന് വിചാരിച്ച് അതിലങ്ങനെ അങ്ങനെ അങ്ങ് അഭിരമിക്കാനും പാടില്ല അതിലെ വീഴ്ചകൾ ഒഴിവാക്കാൻ അതൊക്കെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ആത്മവിമർശനത്തിലൂടെ നമ്മൾ നമ്മൾ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റാരെയും ബോധിപ്പിക്കാൻ വേണ്ടി കാരണം മനുഷ്യൻ എത്രമാത്രം ശക്തനാണോ അതിനും ദുർബലനുമാണ് എല്ലാ മനുഷ്യനും അതിലില്ലായിരുന്ന അതിനതീതനാണ് അങ്ങനെ എല്ലാ മനുഷ്യരും അവൻ ശക്തനുമാണ് ദുർബലനുമാണ് എന്താ കാരണം അവൻ്റെ മനസ്സ് മനസ്സെന്ന് പറയുന്നവനെ ശക്തനുമാക്കും അതേപോലെ തന്നെ ഏത് നിമിഷവും അതിന് കാരണം ഈ പറഞ്ഞത് തന്നെ ഇത്രണവും മറ്റും തന്നെയാണ് അവന് പറയുന്ന വിശദീകരണം മനസ്സ് അങ്ങനെയുള്ള അത് ഏത് സമയവും ദുർബലമാകാം അവനെ തകർക്കാൻ അതുകൊണ്ട് ഒരു നിമിഷം ശക്തനാണെന്ന് തോന്നിയാലും അതുകൊണ്ടാണ് മനുഷ്യന് പൂർണ്ണനാകാൻ പറ്റുക കാരണം അവൻ്റെ കയ്യിലിരിക്കുന്ന മനസ്സപൂർണ്ണമാണ് പിന്നെ എങ്ങനെ പൂർണ്ണനാകും ആർക്ക് സാധ്യമുണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു അവകാശവാദമാണ് മനുഷ്യജീവനെ അത് സാധ്യമുണ്ട് അത് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓടപ്പിടിച്ച എന്താണോ ചലഞ്ച ഗുണപ്രതൃത്വം ആ സിദ്ധാന്തങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും മാറ്റി എഴുതേണ്ടി അപ്പോൾ അതിന് കൈകാര്യം ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അതിനെ മാറ്റാനും മറിക്കാനും ഒന്നും ആർക്കും സാധ്യമല്ല പല രീതിയിൽ കൈകാര്യം ചെയ്യും അതുകൊണ്ടാണ് ഈ മനസ്സ് തന്നെയാണ് മായ എന്നൊക്കെ പറയുന്നത് മനസ്സിനപ്പുറം വേറെ ഒരു മായയൊന്നുമില്ല മായ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള വിഭ്രാന്തികളും വരും മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ ഒഴിവാകും നമുക്ക് ഏറ്റവും പരിചയമുള്ള കാര്യമാണ് അതിൻ്റെ ഒരു പരിഷ്കരണം അതിനുവേണ്ടിയിട്ടാണ് ആത്മവിമർശനം അതാണ് ആചാരത്തിൽ അനുഷ്ഠാനങ്ങളിൽ വേണ്ടത് അത് വേണ്ടെന്നാലും പറയത്തില്ല എല്ലാവർക്കും സർവസമ്മതമായുള്ള കാര്യമാണ് അതുകൊണ്ട് മനുഷ്യനെന്ത് ചെയ്യുന്നു തൻ്റെ ആചാരങ്ങളുടെ ഭാഗത്തു നോക്കുമ്പോൾ അവിടെ തൻ്റെ മൂല്യങ്ങളെയും വിലയിരുത്തണം തൻ്റെ ചുതികളെയും വിലയിരുത്തണം രണ്ടുകൂടെ ചേർന്നാണ് ജീവിതം ഇപ്പൊ അവിടെ ആത്മവിമർശനം ആവശ്യമാണ് അതുപോലെ തന്നെയാണ് മറുഭാഗത്ത് ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ടാം ഭാഗം ഏതാണ് പോയ എല്ലാവരും ഇവിടെ ഉണ്ടോ രണ്ടാം ഭാഗം ഞാൻ എന്താ പറഞ്ഞ പൂർവായ ഒരു ബന്ധം വേണം അറിവ് ആരാ പറഞ്ഞ് പൂർവാർ ബന്ധമുള്ളവരുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ സന്ദർഭത്തിൽ തുടങ്ങി അറിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാ പറഞ്ഞു രണ്ടാമത് വരുന്ന അറിവ് അറിവിനും അതുപോലുള്ള പരിഷ്കരണം നിരന്തരം അത്യന്താപേക്ഷിതമാണ് അനുപേക്ഷണീയമാണ് നിരന്തരമായ നമ്മൾ ആചാരബദ്ധന്മാരാണ് അതുകൊണ്ട് ആചാരത്തിന് നമ്മൾ പരിഷ്കരണത്തിന് ഒട്ടൊക്കെ തയ്യാറാവും അറിവിന് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് വിസമ്മതിക്കും അറിവിനെ ഒന്ന് പരിഷ്കരിക്കും നമ്മുടെ ധാരണകളൊന്നും തിരുത്താൻ നമ്മൾ തയ്യാറാകത്തില്ല അവിടെയാണ് തയ്യാറും സമ്മതിച്ചത് മറ്റേതിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് അറിവിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെന്താണ് മാമൂലുകളിലും മുൻവിധികളിലും അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന നമുക്കൊരിഷ്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മനസ്സ് നമ്മൾ മായ എന്നെല്ലാം പറയുന്ന നമ്മുടെ മനസ്സ് അതിനനുവദിക്കുന്നില്ലെന്നും പറയാം അറിവിനെ പരിഷ്കരിക്കാൻ അറിവിന്റെ കാര്യത്തിൽ ഒരു ആത്മവിമർശനത്തിന് ഒരു മൂല്യ നവീകരണത്തിനും നമ്മൾ തയ്യാറാകത്തില്ല അങ്ങനെ തയ്യാറാകാതെ വരുന്നവരുടെ കാര്യമാണ് നേരത്തെ ആചാര്യൻ പറഞ്ഞെന്താണ് എന്താണ് വിഹ്വലാനി തഥാസിന്റെ ബുദ്ധി ചടി തെറ്റുന്നു നിഷ്പ്രചാരം അവൻ സ്തംഭിക്കുന്നു അങ്ങോട്ടവൻ കിടക്കാൻ പ്രയാസം അതാണ് ആചാരം അറിവെന്നുമുള്ള വ്യത്യാസമാണ് ആചാരങ്ങളെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് നിലനിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടി വരും അതാണ് നമ്മുടെ ചില ജീവിത വ്രതങ്ങളെ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ പരിഷ്കരിക്കേണ്ടി വരും അറിവങ്ങനെയല്ല അറിവെന്ന് പറയുന്നത് വേണ്ടി വന്ന അടിമുടി പരിഷ്കരിക്കുന്നു അതാണ് അറിവിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലിരിക്കുന്ന ധാരണകൾ അതിനെ അടിമുടി വേരോടെ പൊഴുതറിയേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് മനസ്സ് സ്തംഭിച്ചത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിൽ നീരസം അനുഭവപ്പെടുന്നത് നീരസം എന്ന് പറഞ്ഞാൽ രസമില്ലായ്മ എന്നാണ് രസമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അറിവിൽ വൈമുഖ്യം ഉണ്ടാകുക എന്നും അർത്ഥം പറയാം അറിവിനോട് അയാൾക്ക് എന്നോട് നീരസം ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ സംഭവിക്കാം പക്ഷെ അറിവ് എപ്പോഴും എന്താണോ അടിമുടി പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടി വന്നു അതാണ് ഭാഷകാരം ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകും അദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരാദ്വൈത അത് തത്വചിന്തയിലില്ല പരമാർത്ഥചിന്തയിലില്ല അതിനെ നിഷേധിച്ചുകൊണ്ടേ അതാണ് പിന്നെ അതിനെ അംഗീകരിക്കുന്നവിടെ നേരത്തെ പറഞ്ഞ ആചാരങ്ങളിൽ വരുമ്പോൾ അതിനെയൊക്കെ കുറെ അംഗീകരിക്കും വേറെ നിവൃത്തിയില്ല അത് അറിവിനെ ഉൾക്കൊള്ളാൻ ഗുരുവിൻ്റെ മനസ്സ് വിസമ്മതിച്ചാൽ പിന്നെ അവനേതെങ്കിലും ആചാരത്തിലൂടെയൊക്കെ നടത്തിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർക്കും ചെയ്യാനുള്ളത് വറുവിന്റെ കാര്യം വരുമ്പോൾ അങ്ങനല്ല ദ്വൈതത്തെ നിശ്ചിതമായി തന്നെ നിഷേധിക്കുന്നു ഈ പ്രകടനത്തിൽ അതാ ചെയ്യുന്നു അദ്വൈതം മാത്രമേ ഉള്ളൂ സത്യം മറ്റതെന്താണോ ഒരു ഒരു ഭ്രാന്തി മാത്രമാണ് അസത്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പറയാൻ ഒരു ഭ്രാന്തി മാത്രമാണ് ഇതാണ് ഭാഷകാലൻ്റെ നിലപാട് അപ്പോൾ എല്ലാ വിശേഷങ്ങളെയും നിരാകരിക്കും തത്വം എന്താണത് അഖണ്ഡേകരസം അഖണ്ഡേകസ്വഭാവമാണ് അപ്പോൾ അത് കേട്ടിട്ട് പിന്നെ സ്തംഭിച്ചിട്ട് കാര്യമുണ്ടോ വിഭ്രാന്തി ഉണ്ടായിട്ട് കാര്യമുണ്ടോ യാതൊരു കാര്യമുണ്ടോ അപ്പൊ അപ്പോൾ അതിനുവേണ്ടിയും മനസ്സിനെ തയ്യാറാക്കേണ്ടി വരും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പറയാനുമൊക്കെയുള്ള ധൈര്യം വേണ്ടിവരും അത് വേണ്ടി വരും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നു വെച്ചാൽ ആധ്യാത്മികമായ എല്ലാ കാര്യങ്ങളെയും ദ്വൈതത്തിൻ്റെ തലത്തിൽ നിന്ന് വീക്ഷിച്ചപ്പോലെ അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ട് അത് കുറച്ച് ഉയരേണ്ട സ്ഥാനമാണ് അവിടെ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ നിർഭയമായി കാണേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തായിപ്പോകും എങ്ങനെയാണോ നമ്മൾ ആചാരങ്ങളിൽ പരിഷ്കരണം നമ്മളെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമുക്കവിടെ മുന്നേറ്റം ഉണ്ടാകുന്നത് അതുപോലെ ഒരു മുന്നേറ്റം അറിവിന്റെ ഭാഗത്തുണ്ടാകത്തില്ല അറിവിന്റെ കാര്യത്തിലും പരിഷ്കരണം അതിലും തയ്യാറാകണം അതിലും മുന്നേറണം അതിൽ നിന്നും മുന്നേറുമ്പോൾ മാത്രമേ ഈ ആചാരങ്ങളെയൊക്കെ വിട്ട ഒരാൾക്ക് സ്വതന്ത്രനാകാൻ പറ്റൂ മുക്തി അതിലേ ഉള്ളൂ അറിവിലൂടെ മാത്രമേ മുക്തി സാധ്യമാകൂ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നത് അറിവിലാണ് മറ്റൊന്നിനുമല്ല മറ്റെല്ലാം എന്തായാലും ശരി ബന്ധനമാണ് അതെന്തുകൊണ്ട് ബന്ധിച്ചാലും അത് ബന്ധനമാണ് പക്ഷെ ആ ബന്ധനങ്ങളെല്ലാം ശിഥിലമാക്കുന്നതാണ് അറിവ് അതുകൊണ്ട് ആ പരമാർത്ഥ തത്വത്തെ ഇവിടെ പറയുകയാണ് അത് കേട്ടിട്ട് ആരുടെയും മനസ്സ് വിഹുലമാകേണ്ട കാര്യമില്ല സ്തംഭിക്കേണ്ട കാര്യമില്ല രൂപമാണോ അതിൽ ഭയത്തെ കാണേണ്ട കാര്യം ഇല്ല അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഇവിടെ തീർന്ന ലൈനിയും പറയും വിശേഷ നിരാകരണ സ്മൃതി ആ വിശേഷത്തെ നിരാകരിക്കാൻ വേണ്ടി ഇപ്പൊ ഭാഷകാർ ഇവിടെ എന്താ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് വികാര അനുരുത അഭിസന്ധിയെക്കുറിച്ച് അവർ വികാരങ്ങൾ ഈ ഉപാധികളെല്ലാം വികാരങ്ങളാണ് സർവജ്ഞത്വം സർവശക്തിത്വം എന്നെല്ലാം പറയുന്നതെല്ലാം ഉപാധികളാണ് അത് വികാരങ്ങളാണ് അതെന്താണ് അനുരുതമാണ് അവയിലുള്ള അഭിസന്ധി എന്നാണ് അഭിസന്ധി എന്ന് വെച്ചാൽ അതിനെയൊക്കെ പരമലക്ഷ്യമായി കരുതുക പരവുമായ താല്പര്യം മനസ്സ് ഈ സഗുണമായ ആരാധനയിലും സഗുണമായ തത്വത്തിലും മാത്രം നിൽക്കുക അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക കഴിയാതിരിക്കുക നിർഗുണമായ തത്വത്തെ നേരിട്ട് പറഞ്ഞ് അതിനും മനസ്സിന് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുക അപ്പോ അനുദ അവിസന്ധി വികാര അനന്ത അഭിസന്ധി അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞെന്താണ് വികാര അനന്ത അഭിസന്ധി അപവാദ അതിനെ നിഷേധിക്കുന്നു ഇതുവരെ പറഞ്ഞതിന്റെ താല്പര്യം അതാണ് തത്വത്തെ ഗ്രഹിച്ചില്ലയോ അതിന്റെ ഫലം എന്താണ് പറയുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ട് മൃത്യുവും ആത്മാന അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് മരണം അറിവില്ലായ്മയാണ് മരണം ആ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നു അപ്പോൾ ഈ തത്വത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം അറിവില്ല അറിവില്ലായ്മ ആകുന്ന മരണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ശരീരനാശം കൊണ്ട് ഉള്ള മരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു അതങ്ങനെ മനസ്സിലാക്കാം അടുത്ത് പറയുന്ന മൃത്യു സമൃദ്ധിയും ആ വിനോദിഹ നാന ഇവ പശു ഇവിടെ നാനാത്വം പോലെ കാണുന്നത് ഭേദങ്ങളെ കാണുന്നത് ഉപാധികളിൽ തത്വത്തെ ഗ്രഹിക്കുന്നത് അപ്പോൾ അത് അറിവാണല്ലോ ഉപാധികളിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നത് അറിവാണ് ആ അറിവാണ് മരണം അറിവെങ്ങനെ മരണമായാതെ ശരിക്കും അറിവില്ലായ്മയാണ് അറിവില്ലായ്മയാണ് നമ്മൾ അറിവായി ആഘോഷിക്കുന്നു അതുകൊണ്ടവൻ മരിക്കുന്നു മരിച്ച് ജീവിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങളെന്തെല്ലാം ശ്രേഷ്ഠമായ വ്രതനിഷ്ഠയിലായാലും ശരി നിങ്ങളെന്തെല്ലാം പവിത്രമായ ആചാരങ്ങൾ പിന്തുടർന്നാലും ശരി മരിച്ചാണ് ജീവിക്കുന്നത് എന്നൂടെ പറയും എന്തുകൊണ്ട് അവിടെ ഭേദബുദ്ധിയെ ആശ്രയിച്ചാണ് അതെല്ലാം ചെയ്യുന്നതെങ്കിൽ തന്നിനെയും തന്നെയും തൻ്റെ ഉപാസ്യദേവതയെയും അന്യമായി കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നയമായി സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഈശ്വരനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പൂജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതായി പറയുന്നുണ്ട് അതിന്റെ ആമുഖമായിട്ടാണ് ഇതുവരെ പറഞ്ഞ കാര്യം ഉപാസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കുടുംബാഷുകാരൻ പറയുന്നു അത് മരണമാണവന്റെ ഇത് കൂടാതെന്തു പറയണം ഞാൻ ഗുരുവായൂരത്പനെന്നോ അയ്യപ്പനെന്നുള്ള പേരൊന്നും പറയുന്നില്ല അതൊക്കെ വിട്ടു ശ്രീരാമനെന്നോ ശ്രീകൃഷ്ണനെന്നോ പറയുന്നില്ല ഇവിടെ പറയുന്ന തത്വം മാത്രം പറയുക മരിച്ചു ജീവിക്കുകയാണ് മൃത്യുവും ആ പ്രനോദി നവ പശി നാനാത്വം ഇല്ല അതുകൊണ്ടാണ് ഇവാ എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് നാനാത്വവും പോലെ തോന്നുന്നു അന്യത്വം ഇവിടെ ഇല്ല എന്നാലും അന്യത്വം പോലെ തോന്നുന്നു ഭേദം ഇവിടെ ഇല്ല എന്നാലും ഭിന്നങ്ങളായി തോന്നുന്നു അപ്പൊ ഇവിടെ നാനാത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് നാനാ തോന്നുന്നു എന്നൊരു നന്യനായ ഒരു ഈശ്വരൻ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ ആരാധിക്കണമെന്ന് തോന്നുന്നു പറയും തോന്നൽ മാത്രമാണത് അതുകൊണ്ടാണ് ഇവ പറഞ്ഞത് അതുപോലെ അന്യമായി എന്തൊക്കെ ഉള്ളതുപോലെ ഇതൻ്റെ അനുഭവമാണ് അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് മരണത്തിൽ നിന്നും മരണത്തിലേക്കെന്നു പറഞ്ഞാൽ അവൻ ഓരോ നിമിഷവും ജീവിക്കുന്നതും മരിച്ചിട്ടാണ് എന്നും ബോധിപ്പിക്കുകയാണ് അതിനുവേണ്ടി ഇനിയൊരു മരണം ആ മരണം കഴിഞ്ഞ് ഒരു ജീവിതം അതിൻ്റെയൊന്നും ആവശ്യമില്ല അതൊക്കെ കേവലം വിശ്വാസമാണ് മനുഷ്യൻ്റെ വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കും മുമ്പ് ഇതുപോലെ ജീവിച്ചിരുന്നു വിശ്വാസത്തെ ആശ്രയിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് അത് എല്ലാം പരമാർത്ഥമാണ് എന്ന് ബോധിക്കുന്നതിനുള്ള യാതൊരു തെളിവും ഇന്നുവരെ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല വിശ്വാസത്തിനാണെങ്കിലോ തെളിവിൻ്റെ ആവശ്യമില്ല അത് വിശ്വസിക്കാം തെളിവുള്ളതും വിശ്വസിക്കാം തെളിവില്ലാത്തതും വിശ്വസിക്കാം മരണാനന്തര ജീവിതം മരണപൂർവ്വ ജീവിതം ഒക്കെ അതുപോലെയാണ് വിശ്വസിച്ചാലുണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും പറയാനില്ല പക്ഷേ ഇതങ്ങനെയല്ല അനുനിമിഷം നമ്മൾ മരിച്ചു ജീവിക്കുക എന്ന് പറയുന്നത് ഭേദബുദ്ധിയുണ്ട് അതെല്ലാവരുടെയും നമ്മുടെ അനുഭവത്തെ ഉള്ള അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ തത്വത്തെ അഖണ്ഡീക എന്ന് പറഞ്ഞ് എങ്ങനെയാണോ ആചാര്യന്മാരുപദേശിച്ചത് ശ്രുതി ഉപദേശിച്ചത് ആ രീതിയിൽ നമ്മൾ ഗ്രഹിക്കാൻ തയ്യാറല്ല നമ്മൾ തയ്യാറാകുന്നില്ല നമ്മുടെ തന്നെ വൈമനസ്യമാണ് അതിന് കാരണം നമ്മുടെ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ വൈമനസ്യം അതിനെ തുടർന്ന് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ പോരായ്മകൾ ഇതിലെന്നല്ല ഏത് കാര്യത്തിലായാലും ശരി നമ്മൾ എപ്പോഴും അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക മനുഷ്യ സ്വഭാവമാണ് പറഞ്ഞല്ലോ മനുഷ്യൻ ദുർബലനാണ് അതുകൊണ്ട് തന്നെ അവനിൽ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ദുർബലം എന്ന് പറഞ്ഞാൽ ദൗർബല്യമുള്ളവനാണല്ലോ ദുർബലനെന്ന് പറയുന്നത് പലതരത്തിൽ അതിന് വലിയ മനുഷ്യനെന്നോ ചെറിയ മനുഷ്യനെന്നോ അറിവുള്ളവനൊന്നും അറിവില്ലാത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരൻ എന്നൊന്നുമില്ല എല്ലാവരിലും കൊണ്ട് ഇത് ദൗർബല്യങ്ങൾ ആ ദൗർബല്യങ്ങളെ നമ്മൾ എന്തിനും നമ്മളതിനെപ്പോഴും ന്യായീകരിക്കത്തേ ഉള്ളൂ അതിനെ നമുക്ക് ലോകത്തോട് പറയാ തുറന്ന് പറയേണ്ട കാര്യമില്ല കാരണം അത് നമ്മുടെ പ്രൈവസി ലോകത്തോടെന്തിനു പറയണം നമ്മുടെ മനസാക്ഷിയു മുമ്പിൽ അതിനെ തുറന്നൊന്ന് സമ്മതിക്കുക ഇത്തരം പോരായ്മകളുള്ളവനാണ് അത് സാധാരണ മനുഷ്യൻ തയ്യാറാകത്തില്ല മറിച്ച് തൻ്റെ ഈ ദൗർബല്യങ്ങളെയെല്ലാം ഒരാഭൂഷണമാക്കി അതുകൊണ്ട് തന്നെ അലങ്കരിച്ച് അതിൽ ദിവ്യത്വത്തിൽ അഭിരമിക്കാനാണ് മനുഷ്യന് താത്പര്യം പൊതുവെ മനുഷ്യൻ അങ്ങനെയാണ് ജീവിക്കുന്നത് അതിനാത്മവഞ്ചന ആത്മീയ കാപ്പട്യം ഹിപ്പോക്രസി എന്നെല്ലാം പറയുന്നതാണ് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്കുള്ളതല്ല അപ്പോ അറിവിന്റെ കാര്യത്തിലും അത് തന്നെ തത്വം പറയുന്നതാണ് അതിന് യാതൊരു തരത്തിലുള്ള കുട്ടുവീഴ്ചകളും പാടില്ല അത് യാതൊരു ദൗർബല്യങ്ങളും കൂടാതെ എന്ന് അതിനെ ഗ്രഹിക്കണം ഇതാണ് പരമാർത്ഥം ഭാഷകാലം പറയുന്നു ആചാര്യന്മാർ പറയുന്നു പക്ഷെ നമ്മളൊരിക്കലും അതിന് തയ്യാറാകത്തില്ല നമ്മുടെ ഒരു ദൗർബല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയത് സ്വയം നമ്മളെ അത് ബോധ്യപ്പെടുത്താൻ തയ്യാറാകത്തില്ല മറിച്ച് നമുക്കൊരാഭൂഷണമാണ് അലങ്കാരമാണ് നമ്മൾ വാസ്തവത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ദൗർബല്യങ്ങളുടെ പ്രചാരകന്മാരാണ് നമ്മൾ നമ്മളതാണ് ലോകത്തെ ബോധിപ്പിക്കുന്നതും അതാണ് നമ്മുടെ ഇഷ്ടം സത്യം നമ്മൾ ബോധിപ്പിക്കുക ഇല്ല എന്നുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മളങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കും ഇല്ല അതിന് ധൈര്യം വരത്തില്ല ആ സത്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വലിയ ഒരാൾക്കൂട്ടം ആ മൊത്തം ദ്വൈതികളാണ് ദ്വൈത അവലംബികളാണ് അവരെ മുമ്പ് വന്നിരുന്ന ഒരാൾക്ക് അദ്വൈതം പറയുകയാണെങ്കിൽ എന്തുമാത്രം ചങ്കൂറ്റം വേണം എന്നാലോചിച്ച് നോക്കി വേണം വേണ്ടേ എന്നെ ഞാൻ പോലത്തെ പറയല്ല ഒരു സത്യം പറയുകയാണ് അങ്ങനെങ്ങനെ ഞാൻ ചെയ്ത് പോലത്തെ ഉള്ളത് ഒന്നും ഞാൻ സ്വയം ചെയ്യാറില്ല ആരും പറയുന്നേ ഇഷ്ടപ്പെടാറുണ്ട് ഒരു സത്യം ഞാൻ പറഞ്ഞതാണ് സത്യത്തിന് അതിൻ്റെ സ്വന്തം മഹിമയാണ് അതിന് വേറെ ആടി അംഗീകാരം ആവശ്യമില്ല അപ്പോ ആരും ധൈര്യപ്പെടത്തില്ല വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പോള് കണ്ടെത്താം അദ്വൈതത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് എത്ര പേര് കാണും സത്യസന്ധമായി ഒരലക്ഷൻ നടത്തിയാൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാലും ഓരോരുത്തരിൽ നിന്ന് ധൈര്യമായിട്ടിത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ട അത് നമ്മൾ ആരും ഭയക്കേണ്ട കാര്യമില്ല നമ്മളെത്ര പേരത് ധൈര്യപ്പെടും ധൈര്യപ്പെടത്തില്ല അതാണ് ലോകം സത്യം എന്ന് പറയുന്നത് അവനവന്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്നതാണ് ബോധ്യപ്പെടേണ്ടതാണ് അതിനാണ് ഇവിടെ എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് അത് അറിയാതിരിക്കുന്നിടത്തോളം കാലം നിമിഷം മരിച്ച് ജീവിക്കുകയാണ് മൃത്യുസ് പറയുന്നു അതോ ന വിശേഷ നിരാകരണ സുതി നാം അന്യശേഷത്വം അവഗന്ധം അപ്പോ ഇതാണ് ഈ അനൃത്ഥങ്ങളെയെല്ലാം നേരത്തെ പറഞ്ഞല്ലോ സത്യത്തെ ഒരുവനും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനാണ് അസത്യം എന്ന് പറയും അതാണ് അസത്യത്തിൻ്റെ നിർവചനം സത്യത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അതിൽ ചെയ്യുന്ന വിട്ടുവീഴ്ചകളാണ് അതൊരിക്കലും സത്യമാകത്തില്ല പറയുന്നതിൻ്റെ താല്പര്യം ഭാഷകാരൻ പരവമായ തത്വത്തെക്കുറിച്ച് പറയുന്നു പക്ഷെ അതാരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഉപാസനകളും കർമ്മങ്ങളും എല്ലാം വരുന്ന ഭാഗത്ത് കുറെ വിട്ടുവീഴ്ചകള് ചെയ്യുന്നു നിനക്കത് കഴിയുന്നില്ലെങ്കിൽ ഇതുമാകാം എന്ന് വിചാരിച്ചൊരിക്കലും അത് സത്യമാണെന്ന് കരുതി നമ്മളോട് അത് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയല്ല സത്യമെന്നുള്ള അല്ലെങ്കിൽ നമ്മളെ അത് ബോധിപ്പിക്കുകയല്ല സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ നീ അനൃത്ഥത്തിൻ്റെ വഴി തന്നെ സഞ്ചരിക്കുക മുമ്പോട്ട് പോവുക വേറെ വഴിയില്ല അവിടെയാണ് കർമ്മങ്ങളെയും ഉപാസനകളെയൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അസത്യത്തെ അനർഥത്തെ സത്യത്തോട് കൂട്ടിക്കെട്ടുകയാണ് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് മനുഷ്യനെ ഉൾക്കൊള്ളാത്തതുകൊണ്ട് പ്പോൾ എന്ത് ചെയ്യുന്നു സത്യത്തെ വെളിപ്പെടുത്തി അതിനെ സമർത്ഥിച്ചു എന്നിട്ട് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് എന്നെ പറയുന്നു അങ്ങനെ കഴിയില്ലെങ്കിൽ അസത്യത്തിൽ അസത്യത്തിൻ്റെ വഴിക്ക് എന്നെ സഞ്ചരിക്കുക വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കൊണ്ടാണ് നിവൃത്തി കേടുകൊണ്ടാണ് ഉടനെ എന്ത് ചെയ്യുന്നു ഇവൻ അസത്യത്തെ തന്നെ പരവമായ സത്യമായി സ്വീകരിച്ചുകൊണ്ട് അവൻ അതിൽ പോകുന്നു കർമ്മത്തിലും ഉപാസനകളിലും ഒക്കെ മനുഷ്യൻ മുഴുകുന്നത് അങ്ങനെയാണ് അപ്പം ഇവിടെ മുഖ്യം ഏതാണോ സത്യമാണ് അമുഖ്യമായിരിക്കുന്നത് എന്താണോ ഈ പറയുന്ന കർമ്മങ്ങളും ഉപാസനകളും അങ്ങനെയാണ് അങ്ക അങ്കി എന്ന് പറയുന്നത് അങ്കിയായിരിക്കുന്ന വെച്ചാൽ മുഖ്യമായിരിക്കുന്ന സത്യം അംഗങ്ങളായിരിക്കുന്ന പറഞ്ഞാൽ അസത്യങ്ങളായിരിക്കുന്നതെല്ലാം പറയുന്ന കർമ്മങ്ങളും ഉപാസങ്ങളും മനുഷ്യനങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചൊരിക്കൽ സംഭവിക്കത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത് അസത്യത്തെ എല്ലാം അംഗിയാക്കി സത്യത്തെ അംഗമാക്കാൻ പറ്റില്ല അസത്യത്തോട് സത്യത്തെ ബന്ധിക്കാൻ കഴിയത്തില്ല സത്യത്തോട് വേണമെങ്കിൽ അസത്യത്തെ ബന്ധിക്കാം ലോകത്തിലതാണ് സംഭവിച്ചിരിക്കുന്നത് തിരിച്ചറിയലും സാധ്യമല്ല അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം പരമാർത്ഥം എന്താണെന്നും ബോധിക്കുന്ന ഒരാൾ അസത്യത്തിൻ്റെ മാർഗത്തെ സഞ്ചരിക്കുകയില്ല അയാൾ അതിനെ കൂട്ടുപിടിക്കുന്നില്ല അയാൾ അതിൻ്റെ ആവശ്യമില്ല അയാൾ അയാൾ പരമാർത്ഥനിഷ്ഠയാണ് അയാൾ ഒരിക്കലും അയാൾക്ക് പറയാൻ കഴിയില്ല എന്താണ് ആ പരമാർത്ഥം സത്യം അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് ഞാൻ അസത്യത്തിൻ്റെ മാർഗത്തിലാണ് എന്നൊരാൾക്ക് പറയാൻ കഴിയും അവനെന്താണോ അറിയുന്നത് അവൻ ആ അറിവിനുസരിച്ച് തന്നെയാണ് അവൻ കോട്ട അവൻ്റെ അനുനിമിഷയാത്ര എന്ന് പറയുന്നതും മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്രയല്ല ൃത്യോ സമൃദ്ധി മാത്രമതി എന്നവനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല ഇപ്പൊ സത്യം എപ്പോഴും അങ്കിയായിരിക്കും അസത്യം അംഗമായിരിക്കും തിരിച്ച് സംഭവിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നു അസത്യത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യത്തോട് ബന്ധിപ്പിക്കാം തിരിച്ച് ഒരിക്കലും സാധിക്കില്ല ഇത് ആരുടെ അഭിപ്രായം ശ്രുതിയുടെ വേദം അത് തന്നെ പറയുന്നു എങ്ങനെ വേദം പറഞ്ഞിരിക്കുന്നു നിരാകരണ ശ്രുതി നാം അന്യശേഷത്തും അവഗന്ധും ശക്യത്തെ വിശേഷ നിരാകരണ ശ്രുതി എന്നുവെച്ചാൽ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി അതാണ് വിശേഷ നിരാകരണ ശ്രുതി അന്യശേഷമാകത്തില്ല എന്നർത്ഥം അന്യം അടദം അസത്യം അതിൻ്റെ ശേഷം അംഗമാകത്തില്ല അതെന്നും മുഖ്യമായിരിക്കത്തേ ഉള്ളൂ ഈ അങ്ക അങ്കി എന്ന് പറയുന്ന മീമാംസകരുടെ ഒരു പ്രയോഗമാണ് ഒരു മുഖ്യകർമ്മങ്ങളെ അങ്കി എന്ന് പറയും അങ്ങനെ അല്ലാത്തതിനെ അംഗമെന്ന് പറയും അതിൽ നിന്നാണ് ഇവിടെ ഇവിടെയും വരുന്നത് ആ സംസ്കാരം കൊണ്ട് ഭാഷകാരം പറയുകയാണ് സത്യത്തെയും അസത്യത്തെയും എടുത്തു കഴിഞ്ഞാൽ സത്യത്തെ ഒരിക്കലും പരമാർത്ഥത്തെ ഒരിക്കലും നിങ്ങൾക്ക് അംഗമാക്കാൻ കഴിയത്തില്ല എന്നുവെച്ചാൽ പരമാർത്ഥത്തെ ബോധിച്ചിട്ടൊരുവന് അസത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ കഴിയത്തില്ല എന്നു അവൻ പിന്നെ പരമാർത്ഥത്തെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അവന് പിന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ആവശ്യമില്ല അവന് അനർദങ്ങളെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അസത്യത്തെ സത്യമാക്ക എല്ലാവശ് അവനങ്ങനെ അവൻ്റെ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്നർത്ഥം അവൻ്റെ ബോധ്യത്തെ മറ്റുള്ളവർക്ക് അവനെ ബോധിപ്പിക്കാനും കഴിയും അതാണ് സത്യത്തിൻ്റെ പ്രത്യേകത മറ്റങ്ങനെയല്ല ഒരുപാട് അനുരാധങ്ങളെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ വിശേഷ നിരാകരണ ശ്രുതികളെന്ന് പറയുന്നത് സത്യത്തെ ബോധിപ്പിക്കുന്ന ഇനിയ ആശ്രുതികൾ തന്നെ ഉദാഹരണമായിട്ട് പറയും സത്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതികൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശ്രുതികൾ അത് ബോധിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ തിരിഞ്ഞ് ഉപാസനകളുടെയും കർമ്മങ്ങളുടെയും പ്രചാരകനായി മാറുന്നില്ല എന്നർത്ഥം താൻ അനുഷ്ഠിക്കാത്ത എങ്ങനെ പ്രചരിപ്പിക്കുന്നു അനുഷ്ഠിക്കാത്ത പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല ഇതാകുന്നില്ല എന്നർത്ഥം സത്യത്തെ തന്നെ ബോധിപ്പിക്കുന്നു സത്യത്തെ തന്നെ ഉൾക്കൊള്ളുന്നു അതാണ് ഭാഷകാരം ചെയ്തു അവിടുത്തെ അവിടെ ചതിനെ തന്നെ ബോധിപ്പിക്കുന്നു അന്യ ശേഷത്വം അവഗന്ധം നശ്യത്തെ മറിച്ച് അസത്യം അങ്ങനെയല്ല അസത്യം അങ്ങനെയല്ല അസത്യം എപ്പോഴും അതി കിടന്ന് കറങ്ങും കർമ്മങ്ങളും ഉപാസനകളിലും പെട്ടവൻ അതൊരു ഊരാക്കൊടുക്കാണ് അതിൽ തന്നെ അവൻ കിടന്നു കറങ്ങും അതിൽ നിന്നവനെ രക്ഷപ്പെടുക പ്രയാസമാണ് അവനവൻ്റെ അനുഭവത്തിൽ നോക്കി അറിയും എങ്ങനെ അറിയാം ഈ പറയുന്ന പരമാർത്ഥ സത്യത്തെ ശ്രുതിബോധിപ്പിച്ചതിന് ശരി ഇവിടത്തെ ആചാര്യൻ നമ്മളെ ബോധിപ്പിക്കുന്ന ആചാര്യം ബോധിപ്പിച്ചാലും ശരി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഉപാസനയുടെയും തലത്തിലാണ് നമ്മളതിൻ്റെ സ്തുതിപാഠകന്മാരാണ് നമ്മൾ അർത്ഥവാദങ്ങളിൽ വ്യർത്ഥമായ സ്തുതികളിൽ അഭിരമിക്കുന്നവരാണ് പോരാടി അവിടെയൊന്നും പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി അതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ എനിക്ക് വലുതാണ് അതാണ് നിലപാട് എനിക്കിത് വിടാൻ കഴിയത്തില്ല ആ നിലപാട് അതാണ് സത്യത്തിൻ്റെ നിലപാട് അതിനെ കുറിച്ചാണ് ഭാഷകാരം പറയുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ചിന്തിച്ചു നോക്കുന്നത് എന്താ നമ്മളിൽ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ആചാര്യം ഉദ്ബോധിപ്പിക്കുന്നത് രണ്ട് തമ്മിൽ എന്താ ബന്ധം അല്ലാതെ ചർവിത ചർവണം പോലെ എന്ന് പറഞ്ഞാൽ പശു അയവിറക്കുന്നത് പോലെ എന്താണ് ശാസ്ത്രങ്ങൾ ഓർത്തുവച്ചിട്ടൊരു കാര്യം ശാസ്ത്ര പങ്കികളോ ശാസ്ത്രത്തിൻ്റെ ആശയങ്ങളോ ഗ്രഹിക്കുന്നതാണ് ശാസ്ത്രപഠനം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ശാസ്ത്രപഠനമെന്ന് പറയുന്നത് അതാണോ എന്താണോ നമ്മുടെ ബുദ്ധിയെ തടിപ്പിക്കുന്നു നമ്മുടെ ഓർമ്മശക്തിയിലേക്ക് പുതിയ പുതിയ മുതൽക്കൂട്ടുകൾ അതാണ് ശാസ്ത്രാധ്യായം ഇതാണെന്ന് ധരിക്കരുത് ഇത് ആത്മവിമർശനമാണ് അതിന് കേവല നിമിത്തം മാത്രമാണ് ശാസ്ത്രം അത് നമ്മുടെ ബുദ്ധിയുടെ വൃഥാസ്ഥൂലത അതിനുപകരിക്കുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ വേസ്റ്റ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധം വേണം ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമുക്കൊരാകാംക്ഷണോ നമുക്ക് എന്തോ പുതിയ അറിവുകളൊക്കെ ഉണ്ടായി നമ്മളുടെ പാണ്ഡിത്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ എങ്ങനെയാ മനസ്സിലാക്കുന്നു ഏ പരോപദേശത്തിന് വേണ്ടി മാത്രം ആണ് നമ്മൾ മനസ്സിലായത് നമ്മൾ തയ്യാറെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് എന്താണോ ഇത് പത്ത് പേരെടുത്ത് പറയുക അതെങ്ങനെ ഭംഗിയായി പറയാൻ പറ്റും അതാണ് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുള്ളതല്ല ആത്മവിമർശനത്തിനുള്ളതാണ് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൗന അവലംബിയായാലും ശരി പറഞ്ഞാലും ശരി പറയരുതെന്നല്ല പറയും പറയാം പക്ഷേ ഇത് പൂർണമായിട്ടും മനസ്സിലാക്കാനുള്ള കാര്യങ്ങള പറയും അല്ലാതെ വെറുതെ മസ്തിഷ്കത്തിന് വൃദ്ധാഭാരം ഉണ്ടാക്കുന്നതല്ല ഇത് അങ്ങനെയുള്ള ഒന്നല്ല ശാസ്ത്രം ചുരുങ്ങിയത് ഭാഷയക്കാരനിലൂടെ ചർച്ച ചെയ്യുന്നതെങ്കിലും അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഒരറിവ് എന്ന് പറയുന്നത് ആത്മവിമർശനത്തിന് ഉപകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം യാതൊരു പ്രയോജനമില്ല ആത്മവിമർശനത്തിനുപകരിച്ചാലോ അറിവില് പുരോഗതി ഉണ്ടാവണം കാഴ്ചപ്പാടിന് മാറ്റം വരണം മർക്കിടമുഷ്ടികളെല്ലാം ലൂസാവണം അതാണതിൻ്റെ അടയാളം സ്വയം അതിൻ്റെ തെളിച്ച ഉള്ളിൽ വരണം നേരത്തെ കഴിഞ്ഞ ദിവസം ഭാഷകാരം പറഞ്ഞല്ലോ തുഷ്ടി അനുഭവം അതുണ്ടാവണം തൻ്റെ ഉള്ളിലെ അശാന്തികളും ആശങ്കകളും സംഘർഷങ്ങളും ശമിക്കണം അതാണതിൻ്റെ പ്രയോജനം ആ രീതിയിൽ ഇതിനു ഉപകരിക്കാൻ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ശാസ്ത്ര പഠനം മാത്രമാണ് മറ്റൊന്നും സാധിക്കാൻ പോകുന്നില്ല അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ സ്വയം പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മറ്റത് തന്നെ സ്വയം പറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മറ്റത് തന്നെ എന്ന് പറയുന്നതാണ് അതല്ല ഇവിടുത്തെ ആചാര്യന്റെ വിചാരരീതി അതല്ല അങ്ങനെ ഒരു വൃധാസ്ഥൂലത അത് സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് വൃധാസ്ഥൂലത എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് ആർജിക്കുന്നു അറിവിനുസരിച്ച് നമ്മളീ മാറ്റം വരുന്നില്ല എന്നുവെച്ചാൽ നമ്മളെ അറിവുകളെല്ലാം കാണാപ്പാഠമാണ് മനപ്പാടമാണ് അങ്ങനെ ആയിരിക്കും പഴയകാലത്ത് പിഞ്ചുപടി പഠിച്ചതുപോലെ ഉള്ളത് ഈ രണ്ട് നാല് പറഞ്ഞു പറഞ്ഞു ഉറപ്പിച്ചു വരുമ്പോൾ ഈരണ്ട് എട്ട് മാറിപ്പോ പണ്ട് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് നിങ്ങളെങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയി അതുപോലെ ഉള്ളത് ശാസ്ത്ര പഠനമൊന്നും നിങ്ങൾ ധരിച്ചിരിക്കുന്നു അത് വാസ്തവത്തിൽ അത് വന്നത് തന്നെ വേദാധ്യയനത്തിൽ നിന്നാണ് നാലുവഞ്ചും വയസ്സുള്ള കുട്ടികളെ ഒരു ധാരണയില്ലാതെ ഇത് ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുക അതതിന്റെ തുടക്കമാണ് അത് നല്ലതാണ് മോശമൊന്നുമുള്ളതല്ല അതതിന്റെ ഒടുക്കമല്ല അങ്ങനെയാണ് ഈ ശാസ്ത്രാധ്യയനം വന്നത് അതാണിതെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എങ്കിൽ വലിയൊരബദ്ധമാണ് ഇതല്ല ഇത് ഭക്ഷിധാരൻ്റെ വിചാരത്തെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവിൽ മാറ്റം വരണം അതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം നമ്മുടെ കാഴ്ചപ്പാടിനും മാറ്റം ഞാൻ അവിടെയാണ് ഇവിടെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് ക്ലാസ്സിൽ ഒരേ സമയം പഠിക്കാൻ പറ്റില്ല എനിക്ക് എട്ടിലും പഠിക്കണോ ഒമ്പതിലും പഠിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല രണ്ടും കൂടെ ആരും ഇതുവരെ പഠിച്ചിട്ടില്ല ഒന്നിലെട്ട് രണ്ടു വർഷം പഠിക്കാം മൂന്ന് വർഷം പഠിക്കാം അല്ലെങ്കിൽ പിന്നെ ഒമ്പതിൽ തന്നെ പോകേണ്ടി വരും രണ്ടു നിലയിൽ ഒറ്റ നിലയിൽ നടുനിലയാണ് എല്ലാത്തിൻ്റെയും നടുക്ക് നീക്കുന്ന അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ പരമാർത്ഥബോധ അതിനെ മറ്റൊന്നിനോടും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല അത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഇവിടെ പറയുന്ന എന്താണ് വിശേഷ നിരാകരണ ശ്രുതി നാം അന്യശേഷത്വം അവഗന്ധം വിശേഷ നിരാകരണ ശ്രുതികളെല്ലാം പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് അത് ഒരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെത്തന്നെ നീക്കും അവൻ്റെ മനസ്സുമെൻ്റെ അവിടെ നിന്നൊരു ഇഞ്ച് ചലിക്കത്തില്ല അതവന് ഉരുണ്ട് താഴോട്ട് വീഴുക എന്ന് പറയുന്ന പ്രശ്നം ഇവിടെ ഇല്ല അതിൽ നിന്നവൻ ചലിക്കത്തില്ല അവൻ്റെ മനസ്സ് മാറത്തില്ല അവന്റെ അറിവിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം